അധ്യായം പതിനേഴ് യഫ്രീം മലനാട്ടിൽ മീഖാവ് എന്നു പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു അവൻ തന്റെ അമ്മയോട് നിനക്ക് കളവു പോയതും നീ ഒരു ശവഥം ചെയ്ത് ഞാൻ കേൾക്കെ പറഞ്ഞതുമായ ആയിരത്തി ഒരുന്നൂറ് ഇതാ എന്റെ പക്കലുണ്ട് ഞാനാകുന്നു അതെടുത്തത് എന്ന് പറഞ്ഞു എന്റെ മകനെ നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് അവന്റെ അമ്മ പറഞ്ഞു അവൻ ആ ആയിരത്തി ഒരുന്നൂറ് വെള്ളിപ്പണം അമ്മയ്ക്ക് മടക്കി കൊടുത്തപ്പോൾ അവന്റെ അമ്മ കൊത്തുപണിയും വാർപ്പുപണിയുമായ ഒരു വിഗ്രഹമുണ്ടാക്കുവാൻ ഞാൻ ഈ വെള്ളി എന്റെ മകനുവേണ്ടി യഹോവയ്ക്ക് നേർന്നിരിക്കുന്നു ആകയാൽ ഞാനത് നിനക്ക് മടക്കിത്തരുന്നു എന്ന് പറഞ്ഞു അവൻ വെള്ളി തന്റെ അമ്മയ്ക്ക് മടക്കി കൊടുത്തപ്പോൾ അവന്റെ അമ്മ ഇരുന്നൂറ് വെള്ളിപ്പണമെടുത്ത് തട്ടാന്റെ കയ്യിൽ കൊടുത്തു അവൻ അതുകൊണ്ട് കൊത്തുപണിയും വാർപ്പുപണിയുമായ ഒരു വിഗ്രഹം അത് മീഖാവിന്റെ വീട്ടിൽ ഉണ്ടായിരുന്നു മീഖാവിന് ഒരു ദേവമന്ദിരം ഉണ്ടായിരുന്നു അവൻ ഒരു യേഫോദും ഗ്രഹബിംബവും ഉണ്ടാക്കിച്ച് തന്റെ പുത്രന്മാരിൽ ഒരുത്തനെ കരപൂരണം കഴിച്ചു അവനവന്റെ പുരോഹിതനായി തീർന്നു അക്കാലത്ത് ഇസ്രയേലിൽ രാജാവില്ലായിരുന്നു ഓരോരുത്തൻ ബോധിച്ചതുപോലെ നടന്നു യഹൂദയിലെ ബേത്ലഹേമിനായി യഹൂദ ഗോത്രത്തിൽ നിന്ന് വന്നിരുന്ന ഒരു യുവാവുണ്ടായിരുന്നു അവൻ ലേവ്യനും അവിടെ വന്നു പാർത്തവനുമത്രെ തരം കിട്ടുന്നിടത്ത് ചിന്നു പാർപ്പാൻ വേണ്ടി അവൻ യഹൂദയിലെ ബേത്ലഹേം പട്ടണം വിട്ട് പുറപ്പെട്ട് തന്റെ പ്രയാണത്തിൽ യഫ്രൈം മലനാട്ടിൽ മീഖാവിന്റെ വീടു എത്തി മീഖാവ് അവനോട് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു ഞാൻ യഹൂദയിലെ േത്തലഹേമിൽ നിന്ന് വരുന്ന ഒരു ലേവ്യനാകുന്നു തരം കിട്ടുന്നിടത്ത് പാർപ്പാൻ പോകയാകുന്നു എന്നു തരം പറഞ്ഞു മീഖാവ് അവനോട് നീ എന്നോടുകൂടെ പാർത്ത് എനിക്ക് പിതാവും പുരോഹിതനുമായിരിക്കാം ഞാൻ നിനക്ക് ആണ്ടിൽ പത്ത് വെള്ളിപ്പണവും ഉടുപ്പും ഭക്ഷണവും തരാം എന്ന് പറഞ്ഞു അങ്ങനെ ലേവ്യൻ അവനോടുകൂടെ പാർപ്പാൻ ലേവ്യന് സമ്മതമായി ആ യുവാവ് അവന് സ്വന്ത പുത്രന്മാരിൽ ഒരുത്തിനെ പോലെ ആയിത്തീർന്നു മീഖാവ് യുവാവ് അവന് പുരോഹിതനായി തീർന്നു മീഖാവിന്റെ വീട്ടിൽ പാർത്തു ഒരു ലേവ്യൻ എനിക്ക് പുരോഹിതനായിരിക്കെയാൽ യഹോവയക്ക് നന്മ ചെയ്യുമെന്ന് ഇപ്പോൾ തീർച്ച തന്നെ എന്ന് മീഖാവ് പറഞ്ഞു